അവർ കളങ്ങളിൽ കവർച്ച ചെയ്യുന്നു എന്നും ദാവിദിന് അറിവ് കിട്ടി ദാവിദ് ഞാൻ ഈ ഫിലിസ്തീരെ ചെന്ന് തോൽപ്പിക്കണമോ എന്ന് ചോദിച്ചു യഹോവ ദാവിദിനോട് ചെന്ന് ഫെലിസ്തീരെ തോൽപ്പിച്ച് കെയ്യിലയെ രക്ഷിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു എന്നാൽ ദാവീദിന്റെ ആളുകൾ അവനോട് നാം ഇവിടെ യഹൂദയിൽ തന്നെ ഭയപ്പെട്ടു പാർക്കുന്നുവല്ലോ പിന്നെ കെയ്യിലെ ഫെലിസ്തീനയുടെ സൈന്യത്തിന്റെ നേരെ എങ്ങനെ ചെല്ലുമെന്ന് പറഞ്ഞു ദാവീദ് വീണ്ടും യഹോവയോട് ചോദിച്ചു യഹോവ അവനോട് എഴുന്നേറ്റ് കെയ്യിലയിലേക്ക് ചെല്ലുക ഞാൻ ഫെലിസ്തീനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്നരുളി ചെയ്തു അങ്ങനെ ദാവീദും അവന്റെ ആളുകളും കെയ്യിലേക്ക് പോയി ഫിലിസ്തീനോട് പൊരുതും അവരുടെ ആടുമാടുകളെ അപഹരിച്ച് അവരെ കഠിനമായി തോൽപ്പിച്ചു കെയ്യില നിവാസികളെ രക്ഷിച്ചു അഹീമലേഖിന്റെ മകനായ അബ്യാഥാർ കെയ്യിലയിൽ ദാവീദിന്റെ അടുക്കൽ ഓടി വന്നപ്പോൾ കൈവശം യേഫോദുകൂടെ കൊണ്ടുവന്നിരുന്നു ദാവീദ് കെയ്യിലൂ എന്ന് ഷൌലിന് അറിവ് കിട്ടി ദൈവം അവനെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു വാതിലും ഓടാമ്പലുമുള്ള പട്ടണത്തിൽ കടന്നിരിക്കൻ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഷൌൽ പറഞ്ഞു പിന്നെ ഷൌൽ ദാവീദിനെയും അവന്റെ ആളുകളെയും വളയേണ്ടതിന് കെയ്യില്ലയിലേക്ക് പോകുവാൻ സകല ജനത്തെയും യുദ്ധത്തിന് വിളിച്ചുകൂട്ടി ഷൌൽ തന്റെ നേരെ ദോഷമാലോചിക്കുന്നു എന്ന് ദാവീദ് അറിഞ്ഞപ്പോൾ പുരോഹിതനായ അബ്യാധാരനോട് യഫോദിവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു പിന്നെ ദാവീദ് ഇസ്രയേലിന്റെ ദൈവമായ യഹോവെ ഷൌൽ കെയ്യിലേക്ക് വന്ന് എന്റെ നിമിത്തം ഈ പട്ടണം നശിപ്പിപ്പാൻ പോകുന്നു എന്ന് അടിയൻ കേട്ടിരിക്കുന്നു കെയ്യില പൗരന്മാർ എന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ അടിയൻ കേട്ടിരിക്കുന്നത് പോലെ വരുമോ ഇസ്രയേലിന്റെ ദൈവമായ യഹോവെ അടിയനെ അറിയിക്കണമേ എന്ന് പറഞ്ഞു അവൻ വരുമെന്ന് യഹോവ അരുളിച്ചു ദാവിത് പിന്നെയും കെയ്യില പൗരന്മാർ എന്നെയും എന്റെ ആളുകളെയും ഷൗലിന്റെ കൈയിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചു അവർ ഏൽപ്പിച്ചു കൊടുക്കുമെന്നാണ് യഹോവ അരുളിച്ചെയ്തു അപ്പോൾ ദാവീദും അറുനൂറ് പേരോളമുള്ള അവന്റെ ആളുകളും കെയ്യിലയെ വിട്ട് പുറപ്പെട്ട് തരം കണ്ടെടുത്ത് സഞ്ചരിച്ചു ദാവീദ് കെയ്യില വിട്ട് ഓടിപ്പോയി എന്നാണ് ഷൗൻ അറിഞ്ഞപ്പോൾ അവൻ യാത്ര നിർത്തിവെച്ചു ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ചു സീഫ് മരുഭൂമിയിലെ മലനാട്ടിൽ പാർത്തു ഇക്കാലത്തൊക്കെയും ഷൌൽ അവനെ തെരഞ്ഞുകൊണ്ടിരുന്നു എങ്കിലും ദൈവം അവനെ അവന്റെ കൈയിൽ ഏൽപ്പിച്ചില്ല തന്റെ ജീവനെ തേടി ഷൌൽ പുറപ്പെട്ടിരിക്കുന്നു എന്ന് ദാവീദ് കണ്ടു അന്ന് ദാവീദ് സീഫ് മരുഭൂമിയിലെ ഒരു കാട്ടിൽ ആയിരുന്നു അനന്തരം ഷൗലിന്റെ മകനായ യോനധാൻ പുറപ്പെട്ട് ആ കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി അവനോട് ഭയപ്പെടേണ്ട എന്റെ അപ്പനായ ശൗലിന് നിന്നെ പിടികിട്ടുകയില്ല നീ ഇസ്രയേലിന് രാജാവാകും അന്ന് ഞാൻ നിനക്ക് രണ്ടാമനും ആയിരിക്കും അത് എന്റെ അപ്പനായ ശൗലും അറിയുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ അവർ തമ്മിൽ യഹോവയുടെ സന്നിധിയിൽ ഉടമ്പടി ചെയ്തു ദാവീദ് കാട്ടിൽ താമസിക്കുകയും യോനധാൻ വീട്ടിലേക്ക് പോകുകയും ചെയ്തു അനന്തരം സീഫിയർ ഗിബയെ ശൗലിന്റെ അടുക്കൽ വന്നു ദാവീദ് ഞങ്ങളുടെ സമീപം മരുഭൂമിക്ക് തെക്കുള്ള ഹക്കീലാ മലയിലെ വനദുർഗങ്ങളിൽ ഒളിച്ചിരിക്കുന്നു ആകയാൽ രാജാവ് തിരുമനസിലെ ആഗ്രഹം പോലെ വന്നുകൊള്ളേണം അവനെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കാര്യം ഞങ്ങളേറ്റിരിക്കുന്നു എന്നു പറഞ്ഞു അതിന് ശൌൽ പറഞ്ഞത് നിങ്ങൾക്കെന്നോട് മനസ്സലവ് തോന്നിയിരിക്കോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ നിങ്ങൾ പോയി ഇനിയും സൂക്ഷ്മമായി അന്വേഷിച്ച് അവന്റെ സഞ്ചാരം എവിടെയൊക്കെ ആകുന്നു എന്നും അവിടങ്ങളിൽ അവനെ കണ്ടവർ ആരെല്ലാമെന്നും അറിഞ്ഞുകൊള്ളേ അവൻ വലിയ ഉപായയാകുന്നു എന്ന് ഞാൻ കേട്ടിരിക്കുന്നു ആകയാൽ അവൻ ഒളിച്ചിരിക്കുന്ന ഒളിപ്പിടങ്ങളെല്ലാം കണ്ടറിഞ്ഞുവന്ന് സൂക്ഷ്മ വിവരം എന്നെ അറിയിപ്പി ഞാൻ നിങ്ങളോടുകൂടെ പോരൂര അവൻ ദേശത്തെങ്ങാനും ഉണ്ടെന്നു ഞാൻ അവനെ യഹൂദാസ് സഹസ്രങ്ങളിലൊക്കെയും അന്വേഷിച്ച് പിടിക്കും അങ്ങനെ അവർ പുറപ്പെട്ട് ശൌലിനു മുമ്പേ സീഫിലേക്ക് പോയി എന്നാൽ ദാവീദും അവന്റെ ആളുകളും മരുഭൂമിയുടെ തെക്ക് അരാബയിലെ മാവോൻ മരുവിൽ ആയിരുന്നു ഷൌലും അവന്റെ പടജനവും അവനെ തെരയുവാൻ പുറപ്പെട്ടു അത് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അവൻ മാവോൻ മരുവിലെ സേലയിൽ ചെന്ന് താമസിച്ചു ഷൌൽ അത് കേട്ടപ്പോൾ മാവോൻ മരുവിൽ ദാവീദിനെ പിന്തുടർന്നു ഷൌൽ പർവ്വതത്തിന്റെ ഇപ്പുറത്തും ദാവീദും ആളുകളും പർവ്വതത്തിന്റെ അപ്പുറത്തും കൂടി നടന്നു െ ഒളിഞ്ഞു പോകുവാൻ ദാവീദ് ബദ്ധപ്പെട്ടു ഷൗലും പടജനവും ദാവീദിനെയും അവന്റെ ആളുകളെയും വളഞ്ഞു പിടിപ്പാൻ അടുത്തു അപ്പോൾ ഷൗലിന്റെ അടുക്കൽ ഒരു ദൂതൻ വന്നു ക്ഷണം വരേണമെന്നും ഫലിസ്തീർ ദേശത്തെ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ ഷൗൽ ദാവീദിനെ പിന്തുടരുന്നത് വിട്ട് ഫിലിസ്തീരുടെ നേരത്തെ പോയി ആ സ്ഥലത്തിന് സേല ഹെൽക്കോ പേരായി ദാവിദോ അവിടം വിട്ട് കയറിപ്പോയി ഏൻഗതിയിലെ ദുർഗങ്ങളിൽ ചെന്ന് പാർത്തു